അതുപോലെ തന്നെ ഞങ്ങൾ നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു അതിനാൽ ഞങ്ങൾ വേദഗ്രന്ഥം നൽകിയവർ അതിൽ വിശ്വസിക്കുന്നു ഇവരിൽ ചിലരും അതിൽ വിശ്വസിക്കുന്നു സത്യനിഷേധികൾ മാത്രമാണ് ഞങ്ങളുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നത്